ശിവ ശിവസഭവത് പങ്കരം സന്ദരം സങ്കരായ ഗോ ഇവിടെന്താണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് മഹാശ്രോത്രിയ മഹാശാല മഹാശ്രോത്രിയന്മാരായ പ്രാചീനശാലൻ തുടങ്ങിയ ആചാര്യന്മാർ പരസ്പരം കൂടി ചേർന്ന് ചർച്ച ചെയ്താണോ കോനാത്മാ ബ്രഹ്മ അതാണ് അവരുടെ ചിന്താ വിഷയം എന്താണ് ഈ ബ്രഹ്മം എന്താണ് നമ്മുടെ ഈ ആത്മാവ് അവർക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയാത്തതുകൊണ്ട് അവരെല്ലാം തീരുമാനിച്ചു ആരുണി ഉദ്ദാലകൻ അരുണ്ണപുത്രനായ ഉദ്ദാലകൻ്റെ സമീപത്ത് പോകാൻ അദ്ദേഹിയാണ് അവിടെ പോയി ചോദിച്ചു ഉദ്ദാലകൻ പറഞ്ഞു എനിക്കത് പൂർണമായും പറഞ്ഞു തരാൻ കഴിയില്ല അതിനു പറ്റിയ ഒരാളുണ്ട് കൈ കെ കൈ കൈകേയനെ സമീപിക്കാം കെ കെന്റെ പുത്രനായ കൈകെ അദ്ദേഹം രാജാവാണ് ക്ഷത്രിയനാണ് ഈ പോകുന്ന ഒരു ബ്രാഹ്മണരാണ് അവർ മഹാഗൃഹസ്ഥന്മാരായിരുന്നു വേദം എല്ലാം ശരിക്കും അധ്യയനം ചെയ്തവരാണ് എന്നിട്ടും അവർക്ക് ഈ പ്രശ്നത്തിന് സമാധാനം കിട്ടിയില്ല അങ്ങനെ അടുത്ത് പോകുന്നു പഞ്ചാമത്തേ സഹപ്രാതസഞ്ചിഹാനു ജനപതി न कद्यो न न न विद्वान मद्यपो नग्नि नीद्वान्ईरी स्वरिणी क्षमा वै भगवहमस्वेकस्म इतृद्न दाया तब्भगव्यो दायामी വിടെത്തിച്ചേർന്ന ഈ ബ്രാഹ്മണരെ അവർ പുരോഹിതന്മാരാണ് വേദജ്ഞന്മാരാണ് രാജാവിനെ സമീപിച്ചു കഴിഞ്ഞാൽ അന്നത്തെ മര്യാദയാണ് അവരാദരിക്കുക പുരോഹിതന്മാര് വൈദികന്മാരെ ആദരിക്കുക എന്നുകൊണ്ട് അവരെ പൂജിച്ചു അവരെല്ലാം എന്ത് ചെയ്തു പിറ്റേ ദിവസം രാവിലെ അവിടെ താമസിച്ചു പിറ്റേ ദിവസം രാവിലെ രാജാവിൻ്റെ ചെന്നു കഴിഞ്ഞപ്പോൾ രാജാവ് തന്നെ തന്റെ രാജ്യത്തെ കുറിച്ചും അവരെ പരിചയപ്പെടുത്തുക എനിക്ക് എന്റെ രാജ്യത്ത് കള്ളന്മാരല്ല ജനപദേമാരല്ല ഹിംസിക്കുന്നവർ മറ്റുള്ളവരെ ഹിംസിക്കുന്ന ആൾക്കാരല്ല വിശുക്കന്മാരല്ല അങ്ങനെയടക്കം പറയാം എന്നുവെച്ചാൽ ദാനധർമാദികളില്ലാത്ത മനുഷ്യർ ഇവിടെ ഇല്ല എല്ലാവരും ഉദാരചാരികളാണ് നദ്യപവും മദ്യപനില്ല അടുത്ത രാജ്യങ്ങളിലൊക്കെ ഉണ്ട് അതിവിടെയില്ലെന്നാണ് പറയുന്നത് അനാഹിതാഗ്നി അഗ്നി ആധ്വാനം ചെയ്യാത്ത ബ്രാഹ്മണനില്ല അഗ്നി ആധാനം ചെയ്യാന്ന് പറയുന്നത് വേദം അധ്യയനം ചെയ്യുന്നവർക്കല്ല കർത്തവ്യമായിട്ടുള്ള കാര്യമാണ് അത് ചെയ്യാത്തവരാരും എല്ലാവരും ആഹിതാഗ്നികളാണ് എന്നുവെച്ചാൽ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് അവിദ്വാൻ അവിദ്വാനായിട്ട് ആരും ഇവിടെയില്ല പുരുഷനില്ല സ്ത്രീയില്ല കുത്തോ ലക്ഷ്യമാണോ വൈ അങ്ങനെ എല്ലാ തരത്തിലും രാജാവ് പറയുന്നു എൻ്റെ രാജ്യം അത്രയും ശ്രേഷ്ഠമാണ് എന്തുകൊണ്ട് രാജാവ് തന്നെ വലിയ ജ്ഞാനിയാണ് വിദ്വാനാണ് അന്നത്തെ ന്മാരുകൂടി ആശ്രയിച്ച് വിദ്യ സ്വീകരിക്കുന്നവരാണ് രാജാവ് ശ്രേഷ്ഠനായപ്പോ ആ രാജ്യം തന്നെ മാറിക്കും രാജാവും മഹാനായപ്പോ പ്രജകളും അതുപോലെ മഹാന്മാരായി അതുകൊണ്ടവിടെ യാതൊരു തരത്തിലുള്ള അധർമ്മവുമില്ല എല്ലാം ധാർമ്മികമായിട്ടാണ് അതുകൊണ്ട് പറയുന്നു സാധാരണ പുരോഹിതന്മാർ രാജസ്പോൾ യാഗം ചെയ്യുക ചെയ്യാനും അതിൻ്റെ ദക്ഷിണ സ്വീകരിക്കാനും ഒക്കെയാണ് അപ്പം അതിന് അത് സാമാന്യ മര്യാദ അനുസരിച്ച് അവരോട് പറയുന്നു വൈ ഭഗവന്തോ അഹമസ്മി യാവത് ഏകൈകസ്മ ഋതിക ധനം ദാസ്യാമി ഇവിടെ ഒരു യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഓരോ ഋതിക്കുകൾക്കും കൊടുക്കുന്ന ധനം ഞാൻ നിങ്ങൾക്ക് തരാം താവത് ഭഗവത് വസന്ത് ഭഗവന്ത നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ താമസിക്കണം നിങ്ങൾക്കെല്ലാം യോഗ്യമായ ദക്ഷിണയും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ തരാം എന്ന് പറഞ്ഞിവിടെ അവരെ ആദരിച്ച് ബഹുമാനിക്കുന്നു തം വ ആത്മാനമേം വൈശ്വാനം സമ്പ്രർഷി തമേവനോ ബ്രൂഹീതി അവര് മറുപടി പറയുന്നതാണ് ഞങ്ങളിവിടെ പണത്തിനു വേണ്ടി വന്നവരല്ല ദക്ഷിണയ്ക്ക് വേണ്ടി വന്നവരില്ല ഏന ഹൈവാർത്ഥേന പ്രയോജനേന യംപ്രതി ചരെയും പുരുഷാർത്ഥം ഹൈവാർത്ഥം ഏതാണോ പുരുഷാർത്ഥം ഏതെന്നു വേണ്ടിയിട്ടാണോ ഈ ജീവൻ ഇങ്ങനെ ഈ സംസാരത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മവിദ്യ അതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇതമേവ പ്രയോജനമാകാം മനസ്യ ഞങ്ങൾ വന്നത് അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇവിടെ യാഗത്തിന്റെ ദക്ഷിണ സ്വീകരിക്കാമെന്ന് ഓരോഹിതന്മാരല്ല അന്ന് വിദ്യ ആഗ്രഹിച്ചു വന്നതാണ് ആത്മാനം സമ്പ്ര അധ്യേഷി വൈശ്വാനരൻ ആ വൈശ്വാനരൻ എന്ന് പറയുന്ന പക്ഷികാരം പറയും ആ അപ്പൊ ചോദ്യം എന്താണോ എന്താണ് നമ്മുടെ ആത്മാവ് എന്താണ് അ ബ്രഹ്മം ആത്മാവ് ബ്രഹ്മം അതിന്റെ ഏകത്വമാണ് വൈശ്വാന അത് രണ്ടു ഒന്നാകുമ്പോഴാണ് അതിന് വൈശ്വാനുടെ ഭാവം വരുന്നത് ഈ വൈശ്വാനാണ് ഗീതയിലും പലയിടത്തും ചർച്ച ചെയ്യുന്നത് ഹം വൈസ്വാനോ ഭൂത്ത്വ എന്നെല്ലാം പറയുന്നത് അതാണ് വിപശത്തിന് ഗീതവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞത് കൃഷ്ണൻ ഉപദേശിച്ചു എന്നെല്ലാം പറയുന്നത് ഇതുകൊണ്ടാണ് ഈ വൈശ്വാന ഉപാസം കൂടെ ആവർത്തിച്ചു വരുന്നത് ഈ വൈശ്വാനം സമ്പ്ര അദ്ധ്യേഷി അത് ഞങ്ങളുപദേശിക്കണം തമേവനോഹി യുഷ്മഭ്യം പ്രതിയുക്തസ് പ്രതിവാം ദാതസ്മീക്ത രാജോഭയ സമത്ഭാരഹസ്തരേദ്യ പൂർവാജക്രെ താൻ ഹോവാച പ്രത പ്രതിയസ്മീതി കേനസ്സിലാക്കി ഇവർ സാധാരണ ദക്ഷിണയ്ക്ക് വേണ്ടി വരുന്ന പുരോഹിതന്മാരെ പോലെയല്ല ഇവർ ജ്ഞാനത്തിന് വേണ്ടി വന്നവരാണ് ഉപാസനയ്ക്ക് വേണ്ടി വന്നവരാണ് അതുകൊണ്ട് പറഞ്ഞു പ്രതിവക്താസ്മി ശരി നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം പ്രതിവാക്യം താതാസ്മി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ സമാധാനം പറയാം ഇന്ന് പറഞ്ഞു കേട്ടവരെല്ലാം എന്ത് ചെയ്തു സമിത് പാണേഹ സമിത് ഭാരഹ അന്നത്തനെയും ഗുരുവിന്റെ സമീപത്തിൽ വിദ്യ സ്വീകരിക്കാൻ പോകുന്ന ഒരാചാരം കൂടിയാണ് അത് കയ്യിൽ സമുത്വമായി ചെല്ലുക ഗുരുവിന് പൂർണമായും വിധേയനായി പൂർണ്ണമായും സേവന സന്നദ്ധനായി പൂർണ്ണമായും സമർപ്പണത്തോടുകൂടി അതാണ് സമൃദ്ഭാര സമൃദ്ധാരമുള്ള ഹസ്തത്തോടു കൂടി ഇവരായി അതതിൻ്റെ ആ ശിഷ്യത്വത്തിന്റെ പൂർണതയെ കാണിക്കുകയാണ് പൂർണ്ണമായും ശിഷ്യന്മാരായി അഭിവൃദ്ധി പൂർണ്ണക്രമ അതിന് ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നു യഥാശാല മഹാശ്രോത്രിയ ബ്രാഹ്മണ ഹസ്തന്ത ഇവരെ കുറിച്ച് ആദ്യമേ ശ്രദ്ധിയെന്ന് പറഞ്ഞല്ലോ ഇവർ ശ്രേഷ്ഠന്മാരാണ് മഹാശാല ധനവാന്മാരുമാണ് മഹാശ്രോത്രിയാ വേദം എല്ലാം അധ്യയനം ചെയ്തവരുമാണ് പക്ഷെ അത് തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ട് എന്താണ് ശ്രോത്രിയൻ ബ്രഹ്മനിഷ്ഠൻ എന്ന് സാധാരണ പറയാറുണ്ട് ശ്രോത്രിയൻ ആയതുകൊണ്ട് ഒരാൾ ബ്രഹ്മനിഷ്ഠ ആകണമെന്നൊന്നുമില്ല വേദം പഠിച്ചതുകൊണ്ട് മറിച്ച് എന്ത് വേണം ആ വേദത്തിന്റെ താല്പര്യം മനസ്സിലാക്കും അധ്യയനം ചെയ്താൽ വേദം കണ്ടസ്തമാവും പക്ഷെ വേദ താൽപര്യം മനസ്സിലാക്കണമെന്നില്ല അതുപോലെ തന്നെ തിരിച്ചും വേദ അധ്യയനം ചെയ്യാതെയും വേദ താല്പര്യം മനസ്സിലാകും അങ്ങനെ വന്നാലും ബ്രഹ്മനിഷ്ഠനാണ് ഇവർ മഹാശ്രോത്രിയന്മാരാണ് ബ്രാഹ്മണനായിരുന്നു എന്നിട്ടും അവർക്കതിന്റെ താല്പര്യം മനസ്സിലായില്ല അതുകൊണ്ട് പക്ഷേ കാരണം പറയുന്നു മഹാശാലഭിമാനം ഹിത്ത നമ്മൾ ശ്രോത്രിയന്മാരാണ് എല്ലാ വേദവും പഠിച്ചവരാണ് ധനവാന്മാരാണ് ഗൃഹസ്ഥന്മാരാണ് സമ്പത്തുള്ളവരാണ് ഇത്തരം അഭിമാനങ്ങളെല്ലാം അവരുപേക്ഷിച്ച് തികച്ചും വിനീതരായി ഗുരുവിന്റെ സമീപത്ത് ചെല്ലുന്നു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ മഹാജ്ഞാനികളായ ബ്രാഹ്മണന്മാർ വേദജ്ഞന്മാരായ ബ്രാഹ്മണന്മാർ ഒരു ക്ഷത്രിയന്റെ അടുത്ത് പോകുന്നു വിദ്യ സ്വീകരിക്കുന്നതിന് വേണ്ടി അന്നത്തെ കാലത്തും വേദം വൈദികമായ കാര്യങ്ങളിലെല്ലാം പ്രാമുഖ്യം ബ്രാഹ്മണർക്ക് തന്നെയായിരുന്നു കാരണം അവരായിരുന്നു പുരോഹിതർ ക്ഷത്രിയന്മാർക്ക് രാജ്യഭരണവും മറ്റുമായിരുന്നു പക്ഷേ ക്ഷത്രിയന്മാരിലും ജ്ഞാനമുണ്ടായിരുന്നു അവരും വേദജ്ഞന്മാരായിരുന്നു അവർക്കും ജ്ഞാനമുണ്ടായിരുന്നു ബ്രാഹ്മണർക്കില്ലാത്ത ഞാനും ക്ഷത്രിയർക്കുണ്ടായിരുന്നു സർവ്വസേവ പ്രശാസനാഭവം നമുക്ക് പറഞ്ഞു ലോകം മുഴുവൻ എന്നുവെച്ചാൽ സർവകാര്യങ്ങളിലും ക്ഷത്രിയനായിരുന്ന ആധിപത്യ ഒരു കാലഘട്ടം അതിൽ പലതും പിന്നീട് ക്ഷത്രിയനിൽ നിന്നും ബ്രാഹ്മണനിലേക്ക് വന്നതാണ് പ്രവാഹണം പറയുന്നുണ്ടതിന് മുമ്പ് ഈ വിദ്യ ബ്രാഹ്മണനിൽ പോയിട്ടില്ല ഇപ്പൊ ഞാനത് അങ്ങനെയൊക്കെ തരുകയാണ് എന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത് വിദ്യ കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും അങ്ങനെ ഉച്ച നീക്കത്വങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കും ആരിലാണോ വിദ്യ ഉള്ളത് അത് പോയി സ്വീകരിച്ചിരുന്നു അത് അവൻ്റെ ഗോത്രം നോക്കിയിട്ടുണ്ട് ജാതി നോക്കിയിട്ടുണ്ട് ബ്രാഹ്മണന് വിദ്യയുണ്ടെങ്കിൽ ക്ഷത്രിയം സ്വീകരിക്കും ക്ഷത്രിയനിൽ വിദ്യയുണ്ടെങ്കിൽ ബ്രാഹ്മണ സ്വീകരിക്കും അതാണ് ജാനശ്രുതി രഹിഖൻ്റെ അടുത്ത് പോയി ജാനശ്രുതി ക്ഷത്രിയനും രഹിക്കൻ ബ്രാഹ്മണനുമാണ് ഇപ്പം ബ്രാഹ്മണന്റെ അടുത്ത് പോയി ക്ഷത്രിയൻ വിദ്യ സ്വീകരിക്കുന്നു ക്ഷത്രിയൻ്റെ അടുത്ത് പോയി ബ്രാഹ്മണൻ വിദ്യ സ്വീകരിക്കുന്നു അങ്ങനെ പരസ്പര സഹവർത്തിത്വം ഉണ്ടായിരുന്നു എന്നിട്ടും നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇതിലെല്ലാം അപവാദങ്ങളുണ്ടാകും അത് ഏത് കാര്യത്തിനും ഉണ്ടാകും ബ്രാഹ്മണരെല്ലാവരും ജ്ഞാനികളായിരിക്കണമെന്നില്ല ക്ഷത്രിയന്മാരെല്ലാവരും ജ്ഞാനികളായിരിക്കണമെന്നില്ല അതെല്ലാം ഉണ്ടായി പക്ഷെ അതിന്റെ പേരിൽ അങ്ങനെ ഒരു ഉച്ച നീചത്വങ്ങൾ ഉള്ളതായിട്ട് ശ്രുതി പറയുന്നു ഇവിടെ ഒരിടത്തും പറയുന്നില്ല ക്ഷത്രിയ നീചനാണ് അതുകൊണ്ട് പോകാൻ പാടില്ല ഞാനിത് പ്രത്യേകം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഇപ്പോൾ ചർച്ച കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു സ്വാമി മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് വിദ്യ സ്വീകരിക്കാൻ പോകുന്ന ഭാഗം വരുമ്പോഴെല്ലാം കാഷികാരൻ ക്ഷത്രിയനെ മോശമായി ചിത്രീകരിക്കുമെന്ന് മുമ്പ് പറഞ്ഞു ഈ ഭാഗത്ത് കാണുന്നില്ലല്ലോ അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ സ്വാമി പറഞ്ഞതിൽ കുറച്ച് അതിശയോക്തി കൂടെ ഉണ്ടല്ലോ എന്തോ ഒരു ബ്രാഹ്മണ വിദ്വേഷം പോലെ എന്റെ ഉള്ളിലുണ്ട് അത് വെച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നൊരു സൂചന പോലെ പറഞ്ഞു അപ്പൊ ഞാനും ചിന്തിച്ചു അങ്ങനെ ആയിരിക്കും ഭാഷകാരെ എല്ലാ സ്ഥലത്തും അങ്ങനെ ശത്രുന്ന് ആക്ഷേപിക്കത്തില്ല മൂന്നു രണ്ടു ഭാഗത്ത് ആക്ഷേപിച്ചപ്പോ അത് കണ്ടപ്പോൾ ഞാൻ വികാര ആവേശം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു എനിക്കിത് ഇത് രണ്ടുപേരുടെ ഭക്ഷണം പിടിക്കേണ്ട കാര്യമില്ല ഞാനീ രണ്ടിലും പിടുന്നയാണല്ലോ പിന്നെ അങ്ങനെ ഒരു പക്ഷപാതം പിടിക്കേണ്ട കാര്യമില്ല എന്നാലും ചൂണ്ടിക്കാണിച്ച കാര്യം ശരിയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം എന്താണോ സമിത് ഭാരവസ്ഥ ജാതി തോഹീനം രാജാനും നേരത്തെ നീചനെന്നേ പറഞ്ഞോളൂ ഇപ്പൊ പറയുന്ന ഹീനനൻ ഇത്രയും വ്യത്യാസം വന്നതേയുണ്ട് ഇത് ഭാഷകാരന്റെ സംഭാവന ജാതി തോഹീനം രാജാനും ഹീനനാണോ എന്നത് ശരിയാണ് എല്ലായിടത്തും നീചനെന്ന് പറയുന്നില്ല ചിലടത്ത് ഹീനൻ എന്നുകൂടെ പറയും രണ്ടെന്ത അർത്ഥവ്യത്യാസം ചിന്തിച്ച് നോക്കിയാൽ മതി ഇത് കുറച്ചുകൂടെ മോശമാണ് ഒരാളെ നീചനെന്ന് പറയുന്നതെന്നും മോശമാണ് ഹീനനെന്ന് പറയുന്നു അപ്പൊ ഇത് ഞാൻ ഒഴിവാക്കി പോയനെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പോ എന്തുകൊണ്ടിങ്ങനെ വ്യാഖ്യാനിച്ചു ജാഗ്രത ഇവിടെ ശ്രുതിയിലുണ്ടോ ഇത് ശ്രുതിയിലേതെങ്കിലും ഭാഗത്ത് ശ്രുതി ജാതി തഹീനം എന്ന് കൈകയെനെ കുറിച്ച് പറയുന്നുണ്ട് ഉണ്ടെങ്കിൽ ശരി അതിനെ വ്യക്തമാക്കി തരാൻ വേണ്ടി ഭാഷകാരൻ എങ്ങനെ രീതി എന്ന് പറയാം ഹീനൻ എന്നു കാരണം മഹാബ്രാഹ്മണരായ ആചാര്യന്മാര് അവർക്കറിയ ഒരു വിദ്യ സ്വീകരിക്കുന്ന ഒരാള് അന്ന് അറിയപ്പെടുന്ന ഒരു ഗുരുവായിരിക്കും സംശയമില്ല അതെല്ലാം സ്വയം പറയുന്നു താൻ മാത്രമല്ല തന്റെ രാജ്യത്തിലെ പ്രജകൾ പോലും ജ്ഞാനികളാണ് രാജാവ് എത്ര ശ്രേഷ്ഠനായിരിക്കുന്നു ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനാഹ എന്ന് പറഞ്ഞില്ല ഗീത ഇത് വശം രാജാവിന്റെ ആചരണത്തെ പ്രജകളും പാലിക്കുന്നു അങ്ങനെയുള്ള ഒരാളിനെ ഹീനനെന്ന് ഭാഷകാരൻ എന്തിനു പറഞ്ഞു ശ്രുതിയിലില്ലാത്തത് ഇനി ശ്രുതിയിലുണ്ടെങ്കിൽ പറഞ്ഞെന്ന് പറഞ്ഞു വേണ്ടി ഈ ഉച്ച നീചത്വത്തെ സമ്മർദ്ദിക്കുന്നതിന് വേണ്ടി ഇല്ലാത്തതും വയ്ക്കാൻ എന്നുള്ള തെളിവാണ് സാധാരണ അഭിശുദ്രാധികത്തെ ശങ്കരാചാര്യത്തെ ന്യായീകരിക്കുന്ന ഒരു വാദമുണ്ട് അഭിശുദ്രാധികത്തിൽ സൂത്രം എങ്ങനെയോ അതിന് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചൊന്നേ ഉള്ളൂ അല്ലാതെ ഭാഷകാരൻ സ്വന്തമായിട്ട് അവിടെയൊന്നും ചെയ്തിട്ടില്ല സൂത്രത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കരുത് ഭാഷ്യകാരൻ കുറ്റക്കാരനല്ല നിരപരാധിയാണ് നിങ്ങൾ വിചാരണ ചെയ്ത് ശിക്ഷിക്കരുത് എന്നാ സാധാരണ പറയാറുണ്ട് എങ്ങനെയാണോ മൂലം വ്യാഖ്യാനിക്കുന്നത് അപ്പൊ അതിലെന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഭാഷകാരന്റെ കുറ്റം അല്ല അത് മൂലകാരനാണ് അതിൻ്റെ ദോഷം കുറ്റം എന്നാണ് അതുകൊണ്ട് ഭാഷ്യകാരനെ വെറുതെ വിടുത് എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അവരിവിടെ എന്ത് പറയും ഇവിടെ ഇതെന്തിനിങ്ങനെ വ്യാഖ്യാനിച്ചു ഇവിടെ ശ്രുതിയിലില്ലല്ലോ ശ്രുതിയിലില്ലാത്തതാണ് ഇവിടെ വ്യാഖ്യാനിച്ചത് ഈ സന്ദർഭത്തിന് ഒട്ട് യോജിക്കുന്നതല്ല ഒരു ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഹീനൻ എന്ന പ പദം സഭ്യതയുള്ള ഒരാൾ ഉപയോഗിക്കത്തില്ല അതാണിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജാതി തോഹീനം ജാതിയിൽ ഹീനനായവൻ അതിൻ്റെ യാതൊരു സൂചനയും മന്ത്രത്തില്ല അപ്പോൾ മൂലത്തിലല്ലാത്തതും വ്യാഖ്യാനിക്കുമെന്നുള്ളതിന് തെളിവാണല്ലോ ഇനിയും ഒരു ഇത്തരം സന്ദർഭങ്ങൾ അതും എന്തിനു വേണ്ടി പറയുന്നു അപ്പോൾ ഇവിടെ ക്ഷത്രിയനായ രാജാവിനെ ഹീനൻ എന്ന് വിളിച്ചെങ്കിൽ വൈശ്യന്റെയും ശൂദ്രന്റെയും ചണ്ടാളന്റെയും സ്ത്രീയുടെ ഒക്കെ ഗതി എന്തായിരിക്കും അവർക്ക് ശങ്കരാചാര്യ ഡിക്ഷണറിയുടെ ഏത് ഭാഷയായിരിക്കും വച്ചിരിക്കുക ഇത് ഒരു തരത്തിനും ഇത് ന്യായീകരിക്കാൻ പറ്റത്തില്ല സമർപ്പിക്കാൻ പറ്റത്തില്ല അബദ്ധത്തിൽ പറ്റിപ്പോയെന്നെങ്ങാനും പറയാനേ പറ്റും എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ ഓർമ്മക്കുറവ് വന്നു അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അല്ലാതെ ഇതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല ജാതിതോ ഹീനം എന്നുള്ള പ്രയോഗം കൈ കയ്യതിനെ കുറിച്ച് പറയുമ്പോ പ്രത്യേകിച്ച് പറയും ഇതിനൊക്കെ ഒരുപാട് വാദങ്ങളുണ്ട് ഒരുപാട് ഞാൻ കേട്ടിട്ടുള്ളതാ പറയും ഈ വർണ്ണവ്യവസ്ഥ സത്വൻ രജിസ് തമസ് ഇങ്ങനെയുള്ള ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് ഗുണങ്ങളിൽ ശ്രേഷ്ഠമാണ് സാത്വിക ഗുണം അപ്പം സാത്വിക ഗുണമുള്ള ബ്രാഹ്മണൻ ശ്രേഷ്ഠ രാജസഗുണമുള്ള ക്ഷത്രി അതിനപേക്ഷിച്ച് കുറച്ചുകൂടി താഴ്ന്നതാണെന്ന് പറയാം കാരണം ഗുണങ്ങളില്ലായിട്ട് കുറച്ചുണ്ടല്ലോ അപ്പം ഗുണിയിലും വരും ഇതൊക്കെ വാദങ്ങളാണ് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ അതിൽ പിന്നെ വേറൊരു ദോഷമുണ്ട് കാരണം ഗുണം മൂന്നേ ഉള്ളു വരണം നാലുണ്ട് അത് വേറൊരു സമസ്യാണ് അത് പോട്ടെ തട്ടാൽ ശ്രേഷ്ഠമായ ഗുണമുള്ളവൻ ശ്രേഷ്ഠൻ ഗാണ് അതിൽ കഴിഞ്ഞ അതിന് താഴെ വരുന്ന രാജസുണമുള്ളവൻ കുറച്ചുകൂടി നീചൻ അതിൽ അവർക്ക് തമസ് കൂടി വരുന്ന വയസ്സൻ കുറച്ചുകൂടി താഴെ അങ്ങനെ ഈ ഗുണങ്ങൾക്കനുസരിച്ചാണ് ഉച്ച നീചത്വം എന്ന് പറയും അതും തികഞ്ഞ അസംബന്ധമാണ് അതും ദിനത്തില്ല എന്തുകൊണ്ട് കാരണം പറയുന്നു സത്വാ സഞ്ചായുതേ ജ്ഞാനം ജ്ഞാനം സത്വഗുണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഗുണങ്ങൾക്കനുസരിച്ച് പറഞ്ഞാലും ശരി ബ്രാഹ്മണന് ജ്ഞാനിയുണ്ട് എല്ലാ ബ്രാഹ്മണരും ജ്ഞാനികളല്ല തീർച്ചയായിട്ടും ജ്ഞാനമുണ്ടെങ്കിൽ അത് ഇവിടെ പറയുന്നു ക്ഷത്രിയൻ ജ്ഞാനിയാണ് ജനകനെപ്പോലെ ക്ഷത്രിയന്മാർ അപ്പം ഞാനും സത്വത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ അപ്പം ജ്ഞാനിയാണെങ്കിൽ പിന്നെ സാത്വികനാണെന്ന് തന്നെ സ്വീകരിക്കണം വൈശ്യൻ തുലാധരൻ പോലെയുള്ളവരുടെ ഉദാഹരണങ്ങളുണ്ട് മഹാഭാരതത്തിൽ മറ്റും വൈശ്യനിൽ ജ്ഞാനികളുണ്ട് ശൂദ്രജ്ഞാനിയുണ്ട് സൂതൻ സൂത സംഗീതം എഴുതിയ സൂതൻ ൂദ്രനാണ് സൂദ്രജ്ഞാനിയാണ് വിദുരൻ സൂദ്രജ്ഞാനികൾ അവരൊക്കെ സാത്വികന്മാരാണ് അപ്പൊ സത്വത്തിൽ നിന്നേ ജ്ഞാനുണ്ടാകത്തോ അത് അല്ലെങ്കിൽ അത് അല്ലാന്ന് പറയേണ്ടി വരും അപ്പൊ സത്വത്തിൽ നിന്നുണ്ടായ ജ്ഞാനം എവിടെയുണ്ടോ അവരെല്ലാം ഒന്നായിട്ടേ ഗണിക്കാൻ പറ്റും അവരുടെ ജാത്യാഹീനെന്ന് പറയാൻ പറ്റത്തില്ല ഒരു ജാതിയിലുള്ളവര് ഇതെന്താ അറിയാൻ മുയ്യാത്തയാളാണോ ഭാഷകാരൻ അറിയാൻ പോയാത്തോണ്ടല്ല എന്നാലും ഉള്ളിലിരിക്കുന്ന അറിയാതെ പുറത്തു വന്നു അതാണ് ജാതി ദോഹീനം രാജാനം എന്ന് ഒരു ദുർവ്യാഖ്യാനം ഇവിടെ ചെയ്തു വിദ്യാർത്ഥിനോ വിനയനോ ഭജ്മുഹു അങ്ങനെയുള്ള ആ രാജാവിനെ ഇവിടെ നോക്കുക ഇവിടെ ഈ വിദ്യ സ്വീകരിക്കാൻ പോകുന്ന ഇവർ ബ്രാഹ്മണരായതുകൊണ്ട് അവരെ പുകഴ്ത്താൻ വേണ്ടി ഒരുപാട് വാക്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവസരം കിട്ടുന്നിടത്തെല്ലാം ഭാഷകാരൻ ഉപയോഗിച്ചിട്ടുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പക്ഷേ ഗുരു ക്ഷത്രിയനായതുകൊണ്ട് നല്ലവർ ഒറ്റ വാക്കും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചാണെങ്കിലും വൃത്തിയിട്ട ഒരു ഭാഷ ഹീനം ഇനി കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇനിയും വരുന്നുണ്ട് അവിടെ തീരും തഥാ അന്യേർ വിദ്യുപാദിസുധി ഭവ്യം പറയുന്നത് കൊണ്ട് വിദ്യയെ സ്വീകരിക്കേണ്ടവർ എപ്പോഴും വിനയത്തോടുകൂടി തന്നെ പോകണം ഗുരുവിന്റെ സമീപത്തിൽ അതാ വിദ്യ ഉപനയനം അകൃത്വ താൻ അവർക്ക് വിദ്യ നൽകി അങ്ങനെ അനുപനീയവ ഉപനയനം അകൃത്തായവ ഇതും ശങ്കരാചാര്യ ജാതിവാദത്തിനെതിരായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഇത് വേദാധികാര നിരൂപണത്തിൽ ചട്ടം ഇസ്സാം ഈ വിഷയം പ്രത്യേകിടുത്ത് കാണിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ശങ്കരാചാര്യ ജാതിവാദത്തിൻ്റെ ഏറ്റവും ബേസ് എന്താണ് കാരണം ഉപനയനം ത്രൈവർണ്ണികർക്കേ വിധിച്ചിട്ടുള്ളൂ വേദത്തിലൂടെയുള്ള ബ്രഹ്മവിദ്യ ഉപനയനം ചെയ്തവന് മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ ഞാനും മറ്റും പുരാണത്തിലൂടെ മറ്റൊക്കെ നേടാം ഞാനത്തെ നിഷേധിക്കുന്നു വേദത്തിലൂടെയുള്ള ജ്ഞാനം ഉപനയനത്തിലൂടെ പാടുള്ളൂ എന്നാ ഉപേദന ഉണ്ടെങ്കിൽ പാടില്ല ഇവിടെ പറയുന്നു ഗുരു ഉപനയനം ചെയ്യാതെ തന്നെ കൊടുത്തു എന്തുകൊണ്ട് അവർ യോഗ്യന്മാരായിരുന്നു മഹാശാല മഹാശ്രോത്രിയാഹ എന്നെല്ലാം പറയുന്നു യോഗ്യന്മാരാണെങ്കിൽ ഉപനയനത്തിന്റെ ആവശ്യമില്ല അപ്പോൾ പറയും ശ്രോത്രിയന്മാരല്ലേ അവർ മുമ്പ് വേദാധ്യനം ചെയ്തിരിക്കും വേദാധ്യനം ചെയ്യുന്നതിന് ഉപനയനം ചെയ്തിരിക്കും അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത് കാരണം ഇവിടെ പറയുന്നത് എന്താണ് അനുപനീയ ഏവ ഏവകാരം പ്രവഹിച്ചിരിക്കുന്നു ഉപനയനം കൂടാതെ തന്നെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഉപനയനത്തോടു കൂടിയേ ബ്രഹ്മവിദ്യ ഉപദേശിക്കാവൂ അങ്ങനെ ഒന്നുണ്ടായിരുന്നു ആ ഒരു ഭാഗത്തെ പിടിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യ പറയുന്നത് ആരാണ് വൈദികമായ ജ്ഞാനത്തിന് അധികാരി എന്നെല്ലാം നിർണ്ണയിക്കുന്നത് അവിടെ പറയുന്നത് യോഗ്യത മതി ശരിയായ യോഗ്യനാണെങ്കിൽ പിന്നെ ഉപനയനം ആവശ്യമില്ല മുമ്പ് ഉപനയം ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ പിന്നെ ഇവിടെ ഉപനയിക്കാതെ എന്ന് പറയേണ്ട കാര്യമില്ല ആ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമേ മുമ്പ് അതുകൊണ്ട് ഉപനയം ചെയ്യുന്നില്ല പറയുന്നു അപ്പം വിദ്യയെ സംബന്ധിച്ചിടത്തോളം ഉപനയനം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം പറയുന്നവന് യോഗ്യനാണെങ്കിൽ ഉപനയത്തിൻ്റെ ആവശ്യമില്ല ഉപനയിക്കാതെ തന്നെ അനുപോ അനുപനീയവ ഉപനയനം അകൃത്തു ആയവ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കും ചെയ്യാതെ തന്നെ അവർക്ക് ഉപദേശിച്ചു ഇതിനംഗീകരിച്ചു കഴിഞ്ഞാൽ അഭൂദ്രാധികരണം മുഴുവൻ അസംബന്ധമായിത്തീരും കാരണം അവിടെ ഈ ഉപനയനമാണ് മുഖ്യ ആയുധം അതില്ലാതെ ബ്രഹ്മവിദ്യക്ക് അധികാരി അല്ലെന്നാ പറയുന്നു ശ്രുതി പറയുന്നു അത് ആവശ്യമില്ല യോഗ്യനായിരിക്കണം യഥാ യോഗ്യഭ്യോ വിദ്യം അതാ അതാണ് പറയുന്നത് യോഗ്യന്മാരായതുകൊണ്ട് അവർക്ക് വിദ്യ കൊടുക്കും അവർ പറഞ്ഞതിനെ ഇല്ലയോ എന്ന് നോക്കിയിട്ടുണ്ട് യോഗ്യനാണെങ്കിൽ അത് നൽകാം അപ്പം ജാതി നോക്കേണ്ട കാര്യമില്ല വർണ്ണം നോക്കേണ്ട കാര്യമില്ല യോഗ്യത നോക്കണം സത്പാത്രത്തിന് വിദ്യ നൽകാവൂ പറയുന്നത് എന്താണ് സത്പാത്രം എന്ന് വെച്ചാൽ അവൻ ജനിച്ച ഗോത്രമോ ജാതിയോ ഒന്നും അവൻ യോഗ്യനാണോ ഇവിടെ ഭാഷകാലം പറയുന്നു യോഗ്യഭ്യോ സത്യം ചിലപ്പോൾ അറിയാതെ പുറത്തു വരും യോഗ്യന്മാർക്ക് വിദ്യ കൊടുത്തു പിന്നെ അവിടെ ഉപനയനത്തിൻ്റെയൊന്നും ആവശ്യമില്ല പിന്നെ സാധാരണ വിദ്യ തുടങ്ങുമ്പോൾ ഉപനയനവും മറ്റും ചെയ്യുന്നത് അതൊരു ആചാരമൊന്നുമില്ല നിലയ്ക്ക് വിദ്യക്ക് പ്രാരംഭം വേണ്ടി അങ്ങനെ ചെയ്യുന്നു പക്ഷെ ആത്മവിദ്യക്ക് ആവശ്യമില്ല യോഗ്യത മാത്രം മതി കഥ അന്യനാമി വിദ്യാ ദാതവ്യ ഇവിടെ പറയുന്നത് അതുകൊണ്ട് മറ്റുള്ളവരും വിദ്യ ഇങ്ങനെ കൊടുക്കണം യോഗ്യന്മാർക്ക് ഇവിടെ യോഗ്യത മാത്രമേ പറയുന്നു അവന്റെ കുലവും ഗോത്രവും നോക്കണമെന്നൊന്നും പറയുന്നില്ല ആത്മവിദ്യ വിദ്യാഖ്യകർ പക്ഷെ ഇതിന്റെ നേരെ വിരുദ്ധമാണ് അവിടെ പറയുന്നത് അപ്പൊ ശൂദ്രാധികൾ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നതിനെ മറിച്ച് വ്യാഖ്യാനിക്കാൻ നോക്കത്തില്ല ഏവശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട് അന്ന് തനിയായി തന്നെ ഈ ശ്രുതി എന്ന് പറയുന്ന മനുഷ്യരുണ്ടാക്കിയാണ് ഋഷിമാരുണ്ടാക്കിയതാണ് അപ്പോൾ അന്ന് നിലവിലിരിക്കുന്ന ആചാരങ്ങളും സമ്പ്രദായങ്ങളും അതിൻ്റെയൊക്കെ സ്വാധീനവും അതിനെയെല്ലാം കുറിച്ചുള്ള വിമർശനങ്ങളും എല്ലാത്തിലും വരും അതുകൊണ്ട് അതിനെ പ്രത്യേകം കൂടെ എടുത്തു പറയുകയാണ് ഏത് വൈസ്വാൻ്റെ അഭിജ്ഞാനം ഉച്ചയതി പക്ഷമാണ് സംബന്ധം എന്നിങ്ങനെ ഉപാച്ച ഉപദേശിക്കാൻ ആരംഭിച്ചു ഇനി പറയുന്നത് വൈശ്വാനൊരു ഉപാസനയാണ് എൻ്റെ താത്പര്യത ശിഷ്യന്മാരെല്ലാം എന്താണ് ഉദാഹരണം പറഞ്ഞാൽ ഒരാള് പൃഥിവിശ്വനായിട്ട് ഉപദേശിച്ചു അപ്പോൾ ഇവിടെ കൈകയൻ പറയും അത് നീ ആ വൈശ്വാനന്ദനായിട്ട് ഉപദേശിച്ച ആ പൃഥിവിണ്ടല്ലോ അത് ഈ വൈശ്വാനന്ദന്റെ വെറും പാദം മാത്രമാണ് ഭൂമി പാദമാണ് നീ ആ പാദത്തെ ഇങ്ങനെ ഉപാസിച്ചിടന്നാൽ അനീവര് മുടന്തനായിപ്പോ വിദ്യ പൂർണ്ണമാകത്തില്ല വിദ്യയിൽ മുടന്തനാകുന്ന ഓരോന്നും പറയും തല ഉപാസിക്കുന്നവൻ ലോകത്തെ ഉപാസിച്ച അത് നിന്റെ തല പൊട്ടിത്തെറിച്ചു അപൂർണത അതിന് വേണ്ടിട്ടാണ് അത് പറയുന്നത് വിദ്യ പൂർണമായി സ്വീകരിച്ചില്ലെങ്കിൽ അതിൽ വരുന്ന ന്യൂനതകളെ പറയാൻ വേണ്ടിയിട്ടാണ് തല പോവും നിന്റെ വയറ് പുലർന്നു പോവും നീ മുണർന്നിനായി പോകും നിന്റെ കൈ അല്ലാതായി പോവും വിദ്യ പൂർണമായി അതിനെ ഭാഗികമായി സ്വീകരിക്കാൻ പാടില്ല അപ്പോൾ വിദ്യയ്ക്ക് സഹായകമായി വരുന്ന ഗുണങ്ങൾ ശ്രദ്ധ തുടങ്ങിയ അതും പൂർണമായിരിക്കണം അതിനൊന്നും ന്യൂനത വരാൻ പാടില്ല അത് വന്നതുകൊണ്ടാണ് ആ വിദ്യയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത് വേദം അധ്യയനം ചെയ്യുന്നവർക്ക് തന്നെ അതിനെ കുറിച്ചുള്ള ജ്ഞാനം ഭാഗികമായിട്ടായിരിക്കും ഉണ്ടാകുന്നത് പൂർണമായിട്ടുണ്ടാകണമെന്നില്ല വേദത്തിൽ അതുണ്ടെങ്കിലും അധ്യേതാവിനാജ്ഞാനം ഉണ്ടാകുന്നുണ്ട് അപൂർണമായ അറിവ് അനുഷ്ഠാനം അത് പൂർണത കൊടുക്കത്തില്ല മറിച്ച് ദോഷവും ഉണ്ടാകും ആ ദോഷങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അത് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് നീ അതിൻ്റെ പൂർണ്ണമായി ഉൾക്കൊള്ളണം വേദത്തിൻ്റെ ശരിയായ താല്പര്യം നീ മനസ്സിലാക്കിയിട്ടില്ല വേദത്തെ അധ്യയനം ചെയ്തെങ്കിൽ അല്ലെങ്കിൽ അതിൽ ദോഷം വരും ആ ദോഷങ്ങളെയാണ് പറയുന്നത് അല്ലാതെ തലപുട്ടിത്തെറിക്കും മുടന്തനാവും എന്നുള്ള വാശ്യാർത്ഥത്തിലല്ല ഇനി വരുന്ന ഭാഗങ്ങളിൽ പറയുന്നു അടുത്ത് വൈകിയിൽ ഓരോരുത്തരുടെ ചോദിക്കും ഔപമന്യസമോ രാജന്തി ഹോവാച യഷ വൈ സു തേജത്മാ വൈശ്വാനരും ത് ആത്മാനുപാസേ തസ്മാവസു ൃശ്യത്തെ പ്രിമത്യം പശ്യസി പ്രിം അസുഖവർച്ചു ഏതാനമുസ്ഥേ മൂർധാഷത്മനോ മൂർധാ വ്യപതിഷ്യൻ യന്മാൻ നഗമിഷ്യ അധഹോവാച സത്യം പൗലിഷ്യം പ്രാചീനയോ്യം തം ആത്മാന മു ആദിത്യവോ രാജന്തിചേ വൈവിശ്യൂപ ആത്മാശ്വാനരോ आत्मानपा तस्मा बहुविश्व कौशतरीथो दासी निष्खनम पश्यस प्रियम प्रियम पश्य प्रिय ब्रह्मवर्चस कुलले ഏതമേ ആത്മാനം വൈശ്വാനരമുവാസ് ചുഷ്ടേത്മാത്മന പ്രോവാച അന്ധോ അഭവിഷ്യോ യന്മാഗവാചന്ദ്രനം ബാൽവേയം വയ്യഘ്രപ കം തം ആത്മാനമുസമോരാജന്തി ഉച്ചയ പൃഥക് ആത്മാവൈശ്വാനരോ എം തം ആത്മാനമുസേ തസ്മാം പൃഥക്ബലയ ആയേ പൃഥഗൃത ശ്രണയോ അനിയന്ത അസന്നശ്യ പ്രിം അത്യന്നശ്യം വലേത്മാനം വൈശ്വാനരമുണാത്മനൈതിക്ഷ്യം ആഗമിഷ്യതഹോവാച ജനം സർക്കാക്ഷ കം തം ആത്മാനമുസാ ആകാശമേ ഭഗവോരാജന്നി ഉചേ വൈബുള ആത്മാശ്വാനോ ത്മാനമു തസ്മാം ബഹുളോസി പ്രജയാധനെയം പശ്യസി പ്രിം അത്യം പശ്യതി പ്രിംഭവതി അതി ബ്രഹ്മവർച്ചസേമേം ആത്മാനം വൈശ്വാനരമേ സന്ദേഹസ്വേഷ സന്ദേഹസ് എന്മാഗ്യോവാച ബുടലം ആശ്വതരാശിം വൈ അഗ്രപദ്ധ്യ കം തസേ अप അപേ ഭഗവോ രാജന്യ ഭോവാചേ വൈരൈരാത്മാ വൈശ്വാനരോ യം ത് ആത്മാനുപാസേ प्रियम അത്യന്നശ്യ പ്രിം അത്യന്നശ്യത്തി പ്രിംഭവതി അസിയ ബ്രഹ്മവർജ്രസുലേ ൈശവാത്മനുതിഭേ മാം നഗമിഷീതി അതഹോവാച ഉദ്ധാമാരുണി ബോധമാ കം തമാത്മാനുപാസ പൃഥിമേ ഭഗവോ രാജൻ നിധോവാചേ വൈ പ്രതിഷത്മാ വൈശ്വാനോയം തം ആത്മാനുസേ കതിഷിത പ്രജയാശുതിശ്യസീ പ്രിം അത്യം പശ്യത്തി പ്രിയംഭവതി അസി ബ്രമവവർച്ചസംകുലേ യേദമേം ആത്മാനം വൈശ്വാനിരമുസ് പാദിയേതേതോവാച പാദോ തേസ്യേതമാഗമിഷ്യ താൻഭോവാച എത വൈകലൂയം പൃഥകിവാം ആത്മാനം വൈശ്വാനരം വിദ്വാൻ സോ അനമത്ത യുവേദാദേശമാത്രം അഭിവിമാനം ആത്മാനം വൈശ്വാനരമുവാസ് സർഷു ലോകേഷു ഭൂത ആത്മസു അന്നമത്തിമനോ വൈശ്വാനര മൂർധേവത്സുജ ചുർവിഹ പ്രാണപദ് ആത്മാേഹോ ബഹുളോ വസ്ത്രരൈ പൃഥി പാദ ഉരേവേദോമാനിബർ ഹൃദയംഗാർഹവത്യോ മനോ അന്വഹി വധന ആസ്യം ആഹ്വാനീയ തദ്മാഗേ തദ്മീയം യാഥമ ആഹൂതിുഹൂയാുഹൂയാസ്വാഹേ പ്രാണതൃപ്യാണേതൃപ്യതി ചക്ഷുസ്തൃപ്യക്ഷുഷതൃപ്യതിത്യസ്തൃപ്യാദിതൃപ്യതി ദൌസ്തൃപ്യതി ദീ തൃപ്യന്ത്യം യുജദൌശ്ശാദിത്യതിഷ തൃപ്യതി തനുതൃപ്തി തൃപ്യതി പ്രജയാഭസിജസവർ അഥയാ ജുഹൂയാം താം ജുഹൂയാം വ്യനയസ്വാഹേദീ വ്യനസ്തൃപ്യതി തൃപ്യതി ശ്രോത്രൃപ്യതി ശ്രോത്രേതൃപ്യതി ചന്ദ്രമാതൃപ്യതി ചന്ദ്രമസി തൃപ്യതി ദിശത്തൃപ്യക്ഷു തൃപ്യന്ദേശ ചന്ദ്രമാതിഷന്തി തയ്യനതൃപ്തി പ്രജയാ പശുപറന്നയന തേജസ ബ്രഹ്മവർച്ചസേതി അഥയാ തൃതീയാം ജിഹൂയാ താജിഹൂ അപനയസ്വഹേതി അപനത്തൃപ്യതി അതൃപ്യതി വാക്തൃപ്യാച തൃപ്യന്ത അഗ്നിതൃപ്യനൗ തൃപ്യതി പൃഥിവീ തൃപ്യതി പൃഥിവ്യന്തൃപ്യതഞ്ച പൃഥി ചതി തൃപ്യതി തയ്യനതൃപ്തി പ്രജയാ പശുവിധ്യനതേജസവവർസേനേതി അഥ ാ ചതുധീം ജുഹൂയാ താ ജുഹ സമാന സ്വാഹേതി സമാനസ്തൃപ്യതി സമാനേതൃപ്യതി മനസ്സൃപ്യതി മനസ്സൃപ്യതി പജന്യതൃപ്യത്തി പജന്യേ തൃപ്യതി വിദ്യുത്തൃപ്യതി വിുപ്യന്ത വിദ്യുച പജന്യശ്തിഷപ്യതി പ്ര പശുപേർ അദ്യേജസ ബ്രഹ്മവർച്ചസനേതി അഥ യാ പഞ്ചമീജുഹൂയാ താഞ്ജുഹൂ സ്വാഹേതി ഉദാനതൃപ്യതി ഉദ തൃപ്യതി ത്രിതൃപ്യ ത്വചിതൃപ്യന്തൃപ്യതിയുതൃപ്യതി ആകാശ തൃപ്യതി ആകാശേ തൃപ്യതികിുശ്ചാകാശതിഷത്തൃപ്യതൃപ്തി തൃപ്യതി പ്രജയാ പശുവിന തേജസഭ്രഹ്മവർച്ചസേതി സ യം അവിദ്വാൻ അഗ്നിഹോത്രം ജിഹോതിയ അങ്കാരാഹ്യ ഭസ്മനിജുഹീ താദൃസ്യത വിദ് അനിഹോത്രം ജിഹോതികൂതം ത ഇതാണ് ഭാഷ്യകാലം പ്രമാണമായിട്ട് പറയുന്നത് യഥാ ഇഷീകാതൂ തുമ്പ് അത് അഗ്നിയിലേക്ക് കാണിച്ചാൽ അതെങ്ങനെയാണോ കത്തിച്ചാമ്പലാകുന്നു അതുപോലെ സർവൈപ്പാത്മാനുഭവപ്പെടുത്തു എന്തു ചെയ്യും എങ്ങനെ ഏതത് ഏവം വിദ്വാൻ അഗ്നിഹോത്ര ഹോതി ഇവിടെ അഗ്നിഹോത്രവുമായി ബന്ധപ്പെട്ട ഉപാസനയാണ് പറഞ്ഞു അഗ്നിഹോത്രത്തിൻ്റെ ആഹുതികളെ കുറിച്ചാണ് പറഞ്ഞത് അവിടെ ഏവം വിദ്വാൻ ഈ ഭാവനയോടുകൂടി ഇവിടെ പറയുന്ന ഉപാസനയോടുകൂടി കർമ്മം ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് ഉപാസനയോടുകൂടി ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം പാപനാശമാണ് അതുകൊണ്ടാണവർ സൂര്യലോകത്തിലെത്തിച്ചേരുന്നത് എന്നുള്ള പ്രമാണമായിട്ട് ഈ മന്ത്രമാണ് ഭാഷകാരൻ പറയുന്നത് തസ്മാ ഉച്ചിഷ്ടം പ്രേശേ ആത്മനി ഹേവാ സത് വൈസ്വാനരെ ഹൃദം സ്യാതിരി തദ്ദേശ ശ്ലോക ഇതാണ് ഗീത എന്ന് പറയുന്നത് എന്താണ് അഹം വൈശ്വാനോ ഭൂത്ത്വ പ്രാണിനാൻദേഹം ആശയ അന്നൻ വൈശ്വാനം സമർപ്പിക്കുന്നതാണ് പചാമ്യന്നും ചതുർവിധം അത് ഇതിൽ വരുന്ന ആശയമാണ് എന്താണ് പറയുന്നത് ഉപാസകൻ ഉച്ചിഷ്ടം ഭക്ഷണത്തിന്റെ അവശിഷ്ടം അത് ചണ്ടാളന് സമർപ്പിക്കുകയാണെങ്കിലും പറഞ്ഞല്ലോ ഏറ്റവും നീറ്റമായ ആചരണത്തിൽ ജീവിക്കുന്ന ഒരുവനും മൃഗത്തെക്കാൾ മോശമായ അധർമ്മത്തെ ആചരിക്കുന്ന ഒരുവന് ആ ഭക്ഷണത്തെ നൽകിയാലും അത് വൈശ്വാനരേ ഹൃദം സ്യാദ് അത് വൈശ്വാനിൽ അർപ്പിക്കുന്നതാണ് അത് എത്തിച്ചേരുന്നത് വൈശ്വാനനിലാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ഭാവനയിൽ അവന്റെ സമർപ്പണം സർവവും സത്കർമ്മം ദുഷ്കർമ്മം സത്പാത്രം ദുഷ്പാർത്ഥം അങ്ങനെയൊന്നും വേർതിരിക്കാൻ കഴിയത്തില്ല അവന്റെ പ്രവൃത്തിയുടെ ഫലം അവനെ ബാധിക്കുന്നില്ല അവന്റെ പ്രവൃത്തിയുടെ ഫലം അവൻ്റെ പാപങ്ങളെ നശിപ്പിക്കുന്നു അവന് ഉത്തരായണ മാർഗത്തിലൂടെ അത് നയിക്കുന്നു ആ ഉപാസനയാണ് ഗീതയിൽ സൂചിപ്പിക്കുന്നത് യഥാഹ ക്ഷുദിത ബാല മാതരം പരിപാസത്തെ സർവാണി ഭൂതോത്ര ഉപാസത്തെ അഗ്നിഹോത്ര ഉപാസത്തെ പറയുന്നു ലോകത്തിൽ തന്നെ കാണാം വിശന്ന കുഞ്ഞ് അമ്മയെ ആശ്രയിക്കുന്നു ആഹാരത്തിനുവേണ്ടി എപ്പോഴാണ് അമ്മ ആഹാരം തരുന്നത് എന്ന പ്രതീക്ഷയോടുകൂടി അമ്മയെ ആശ്രയിക്കുന്നു അതുപോലെ പറയുന്നു ഈ ജഗത് സർവവും വിദ്യുദ്ഭോജനേനെ തൃപ്തം ഭൂതി അഗ്നിഹോത്രിയെ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ജഗത്ത് മുഴുവൻ ചിന്തിക്കുന്നാണ് അതുകൊണ്ട് ജഗത്ത് മുഴുവൻ തൃപ്തി തൃപ്തിയെ നേടുന്ന എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് എന്താണ് ആ വൈശ്വാന ഉപാസകന്റെ സർവാത്മഭാവം ആ വൈശ്വാന ഉപാസകൻ തന്നെയാണ് സർവ്വപ്രാണികളിലൂടെയും ഭക്ഷിക്കുന്നത് അന്ന് അതിന്റെ ഫലമായ സർവാത്മഭാവത്തെ കാണിക്കുന്നു ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല വ്യാഖ്യാനങ്ങളെന്നും മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ ശേതഹേതുർ ആരുണേയ ആസത്തംഹ പിതോ വാച സേതകേതോ വസബ്രഹ്മചര്യം നവേസ്വം അസ്മത് പുലീനോ അനനു ബ്രഹ്മബന്ധുരിവഭവതീതി അധ്യായ സംബന്ധ ഇങ്ങനെ തുടങ്ങുന്നത് പൂർവ അധ്യായം ഇതുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സർവം ബ്രഹ്മ തജ്ജലാനിത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട് എന്താണ് എങ്ങനെയാണ് എവിടെ നിന്നാണ് ജഗത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അതിൽ തന്നെ നിലനിൽക്കുന്നത് എങ്ങനെയാണ് വിലയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അനന്തരം ചെകസ്മിൻ ഭുക്തി വിദുഷി സർവൻ ജഗത്ത് തൃപ്തം ഭവതി വിദ്വാന്റെ സർവാത്മഭാവത്തെക്കുറിച്ച് പറഞ്ഞു വിദ്വാൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ തൃപ്തമാകുന്നു പ്രാണികളെല്ലാം തൃപ്തമാകുന്നു അതെല്ലാം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആ തന്നെയാണ് സമർപ്പിക്കുന്നത് ഇത്യുക്തം തദ്ദേഹത്വ സത്യ ആത്മഹ സർവഭൂതസ്ഥോപത്തിലെ ഇതെല്ലാം യോജിക്കണമെങ്കിൽ എന്ത് വേണം സർവഭൂതങ്ങളിൽ വിധിക്കുന്ന ആത്മാവ് ഏകമാകണം ഇനി അടുത്ത് ആറാം അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഇതാണ് തത്വമസി അതിവിടെയാണ് ഉപദേശിക്കുന്നത് അതിന്റെ താല്പര്യം എന്താണ് ഏകത്വ സതി ആത്മാവ് ഏകമായിരിക്കണം സർവഭൂത സ്ഥിതിരിക്കണം ന ആത്മഭേദയെ കഥം ചെത്തത് ഏകത്വം അതുകൊണ്ട് ആത്മഭേദം വന്നു കഴിഞ്ഞാൽ ഏകത്വം സാധ്യമല്ല ഇത് തദർത്ഥവും ഷഷ്ടോധ്യായാരംഭ്യത അതിനു വേണ്ടിയിട്ടാണ് ഈ ആരാധ്യായം പിതാ പുത്രാഖ്യായിക വിദ്യ സാരിഷ്ട്രദർശനാർത്ഥ വിദ്യയുടെ ആ സാരമായ കാര്യത്തെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഥാരൂപത്തിലൂടെ പറയുന്നത് കഥാലൂപത്തിൽ പറയുമ്പോൾ അത് മനസ്സിലാക്കുന്നതിനെ കുറച്ചുകൂടി എളുപ്പമാകും അതിന് വേണ്ടിയിട്ട് പലതരത്തിലും പ്രസിദ്ധനാണ് ആരുണി എന്ന് പറഞ്ഞു വൈദിക പ്രസിദ്ധി അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വൈദികന്മാരെല്ലാം സേതഗേതുവിനെ അറിയുമായത് ിതോ്യം വിദ്യം മന്യ കാല അത്യംജപശ്യൻ വാച തം പുത്രം ആരുണി പിതാ പിതാവിന്റെ പേര് ആരുണി ആ പുത്രനോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് യോഗ്യം വിദ്യാഭാചനം അവനിപ്പോൾ വിദ്യ സ്വീകരിക്കേണ്ട സമയമായി ഉപനയന കാല അത്യഞ്ചപശ്യൻ ഉപനയനകാലം കഴിയുകയാണ് യഥാസമയം ഉപനയനം ചെയ്ത് വിദ്യ അഭ്യസിപ്പിക്കണം ഉപാചനുരൂപം ഗുരു പുനസ്ത്വസബ്രഹ്മചര്യം കുലത്തിന് അനു അനുരൂപനായിരിക്കുന്ന കാരണം നിന്റെ കുലം വിദ്വാൻമാരുടെ കുലമാണ് അതിനനുകൂലമായിരിക്കുന്ന ഒരു ഗുരുവിനെ സമീപിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞാൽ വിദ്യ സ്വീകരിക്കൂ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം വിദ്യ സ്വീകരിക്കുക എന്നാണ് ബ്രഹ്മചര്യം വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ് വേദ അധ്യയനത്തിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മചര്യം വസ ംീനോ ഹേ സൗമ്യ അനധീത്യ ബ്രഹ്മബന്ധുരിവ ഭവതി പറയുന്നു നമ്മുടെ കുലത്തിൽ പിറന്നവരാലും അനനൂച്ച അധ്യയനം ചെയ്യാതെ കേവലം ബ്രാഹ്മണനാമധാരി മാത്രമാകുന്നില്ല എന്നാ ബ്രഹ്മബന്ധു ഇവ ഭഗവതി ബ്രഹ്മബന്ധു ആവുന്നില്ല ബ്രഹ്മബന്ധു നേരത്തെ പറഞ്ഞു ക്ഷത്രബന്ധു എന്ന് പറഞ്ഞു ക്ഷത്രബന്ധു എന്ന് പറഞ്ഞാൽ തന്നെ ആ ഗോത്രത്തിൽ കുലത്തിൽ പറഞ്ഞതാണ് ജന്മം കൊണ്ട് ക്ഷത്രിയനാണ് പക്ഷേ ബന്ധുക്കളെല്ലാം ക്ഷത്രിയനാണ് സ്വയം അവന് ക്ഷത്രിയെ തോന്നുന്നു ക്ഷത്രിയെന്തൊക്കെയാണോ കാണേണ്ടത് അതൊന്നും അവന് കാണുന്നില്ല അതുപോലെയാണ് ബ്രഹ്മബന്ധു എന്ന് പറയുന്നത് ബ്രഹ്മബന്ധം എന്ന് വെച്ചാൽ അവൻ അവനിൽ ബ്രാഹ്മണര് ബന്ധുക്കളുണ്ട് അവൻ്റെ കുലത്തിൽ ബ്രാഹ്മണരുണ്ട് പക്ഷേ അവൻ സ്വയം ബ്രാഹ്മണനല്ല എന്തുകൊണ്ട് ബ്രാഹ്മണന്റെ യോഗ്യതകളൊന്നും അവനല്ല അതാണ് ബ്രഹ്മബന്ധു എന്ന് പറയുന്നത് സ്വയം ബ്രാഹ്മണകുലത്തിൽ പിറക്കുകയും ബ്രാഹ്മണന്റെ യോഗ്യതകളൊന്നും ഇല്ലാതിരിക്കുന്ന ബ്രാഹ്മണ ബ്രഹ്മബന്ധു ക്ഷത്രബന്ധു ക്ഷത്രിയന്റെയും എന്നാൽ ക്ഷത്രിയൻ്റെതായ യോഗ്യതകളൊന്നും ഇല്ലാതിരിക്കുന്നു ക്ഷത്രീപരം ബ്രഹ്മബന്ധു ആകരുത് ഭഗവതി അതിനെ വ്യാഖ്യാനിക്കുന്നു ബ്രാഹ്മണാൻ ബന്ധു വ്യപതിശതി എന്ന സ്വയം ബ്രാഹ്മണവൃത്തീതി ബ്രാഹ്മണരെ അവൻ ബന്ധു എന്ന് പറയുന്നു ഞാൻ ഇന്ന കുലത്തിൽ വസിഷ്ഠ ഗോത്രത്തിൽ പിറന്നവനാണ് എന്റെ കുലത്തിൽ എന്നെ എന്നെ ശ്രേഷ്ഠന്മാരായ വിദ്വാന്മാരായ വൈദികന്മാരായ ശ്രോത്രിയന്മാരായ ബ്രാഹ്മണരുണ്ടായിരുന്നു എന്നൊക്കെ പറയും പൊങ്ങച്ചൻ പറയും മണി കുട്ടുകച്ചോടാണ് അതാണ് എന്താണ് ബ്രാഹ്മണാൻ ബന്ധുശരി ബ്രാഹ്മണരായവൻ ബന്ധു എന്ന് പറയുന്നത് സ്വയം ബ്രാഹ്മണൻ ഇത് തന്നെ ക്ഷത്രിയൻ എന്നാ സ്വയം ബ്രാഹ്മണവൃത്ത ബ്രാഹ്മണന്റെ ഷ്കർമ്മങ്ങളൊന്നും അവൻ നുഷ്ഠിക്കുന്നില്ല അധ്യയനം അധ്യാപനം വ്യജനം വ്യാജനം ദാനം പ്രതിഗ്രഹം പോലെയുള്ള ധർമ്മമൊന്നും അവൻ ആചരിക്കുന്നു ഇവിടെയും മുമ്പ് ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒന്നുകൂടി പറയുകയാണ് ബ്രഹ്മബന്ധു എന്നുള്ള ശബ്ദത്തെ വ്യാഖ്യാനിച്ചപ്പോൾ ഭാഷകാരൻ അവിടെ അർത്ഥം പറഞ്ഞെന്താണോ ബ്രഹ്മബന്ധു എന്ന് വെച്ചാൽ നീചൻ ആയ ക്ഷത്രിയൻ എന്ന അർത്ഥം പറഞ്ഞു ക്ഷത്രബന്ധു എന്ന് പറഞ്ഞു ക്ഷത്രിയൻ നീചൻ നിർത്തുമ്പോൾ നീച അതേസമയം ഇവിടെ ബ്രാഹ്മണബന്ധു എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദം പ്രയോഗിച്ചിട്ടില്ല നീചബ്രാഹ്മണൻ എന്നു പറഞ്ഞിട്ടില്ല ബ്രാഹ്മണന്റെ ആചാരം ചെയ്യാത്തവനെന്നെ പറഞ്ഞോളൂ ഇതാണ് ഒരേ ശബ്ദം ഒരേ അർത്ഥത്തിലുള്ള ശബ്ദത്തെ രണ്ട് തലത്തിൽ വ്യാഖ്യാനിച്ചപ്പോൾ ക്ഷത്രബന്ധു എന്ന് പറഞ്ഞപ്പോൾ നീജക്ഷത്രിയം ബ്രഹ്മബന്ധു എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദം കണ്ടില്ല അപ്പോൾ പക്ഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണൻ ഒരിക്കലും മദ്യപനായാലും ശരി അവൻ നീജനല്ല ക്ഷത്രിയൻ ഗുരുവാണെങ്കിലും ശരി അവൻ നീജനുമാണ് ഹീനനുമാണ് ഇത് ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കും അ ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ടെന്നൂടെ അവിടെ വരുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു കേൾക്കുന്നവർക്ക് അതൊന്നും ഓർമ്മയില്ലെങ്കിലും പറയേണ്ടത് എൻ്റെ ജോലിയാണല്ലോ ഞാൻ പറയുന്നു നീ വെറും വെറും നാമമാത്ര ബ്രാഹ്മണനാകരുന്ന് നീ വേദാധ്യയനം ചെയ്യണം എന്ന് പിതാവ്നോട് പറയുന്നു സഹ ദ്ദശ വർഷമുപേ ചതുർവിശതിവർഷ സർവാൻ വേദാനധീത്യ മഹാമനൂചം आया शब्द उच अस्युता महामनातबुता तम आदेश अक्ष अद प्रवासो अमीय पिता കാരണം നമ്മുടെ ഭക്ഷ്യക്കാരൻ സ്വന്തം നിനക്ക് വ്യാഖ്യാനിക്കണം പുത്രനെ വിളിച്ചു പിതാവ് ഇങ്ങനെയെല്ലാം പറഞ്ഞു നീ നമ്മുടെ കുലത്തിൽ വിദ്യ സ്വീകരിക്കാത്ത ആരുമില്ല നീ കുലത്തിന് നാണക്കേട് ഉണ്ടാക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ട് നീ ഒരു ഗുരുവിനെ സമീപിച്ച് വിദ്യ അഭ്യസിക്കാൻ പറയും വേദാതിയു ഈ കുലത്തിൽ എല്ലാവരും വിദ്വമായിരുന്നു െങ്കിൽ പിതാവും വിദ്വാനായിരിക്കണമല്ലോ സാറിന് പിതാവ് പുത്രനെ പഠിപ്പിക്കാറുണ്ടല്ലോ എന്തുകൊണ്ട് പുത്രനെ പഠിപ്പിച്ചില്ല അതുകൊണ്ട് പറയുന്നു തസ്യാത പ്രവാസു അനിയമിയതെ പിതും ഇവിടെ മനസ്സിലാക്കേണ്ടത് പിതാവും മറ്റെന്തോ കാര്യത്തിന് വേറെ എവിടെയോ പോകാൻ പോവുകയാണ് പിതാവിന് സമയമുണ്ടായില്ല മറ്റോ യാഗമോ എവിടെയെങ്കിലും കൃത്തിക്കായിട്ടോ മറ്റോ യാഗവും മറ്റോ ചെയ്യാൻ പോവുകയായിരിക്കും ഭാഷകാരൻ ഊഹിക്കുന്നു അതുകൊണ്ട് പറഞ്ഞു നീ വേറൊരാളുടെ അടുത്ത് പോയി പഠിക്കുക സ്വയം ഗുണവാനായിരിക്കുന്ന അരുണി എന്തുകൊണ്ട് പുത്രനെ വിദ്യ അഭ്യസിപ്പിച്ചില്ല സ പിത്രോക്തേതുചാരം ചതുർവിംശതി വർഷോ കാരണം ഈ പിതാവ് പുത്രൻ പോയി പഠിക്കുന്ന ആചാര്യനേക്കാൾ കൂടുതൽ അറിവുള്ള ആളാണ് കാരണം തത്വംസി ഉപദേശിക്കുന്ന ആളാണ് പതിവി ഉപദേശിച്ചില്ലെങ്കിലും സപിത്രോക്ത സീതഗേതു പിതാവ് അങ്ങനെ പറഞ്ഞു കേട്ടോ സീതഗേതു ദ്വാദശ വർഷം ദ്വാദശാബ്ദം വിദ്യാനിയമു ഒരു വിദ്യ പന്ത്രണ്ട് വർഷം അതിന്റെ നിയമം അനുസരിച്ച് പഠിച്ചാലേ വിദ്യ പൂർണമായും സ്വായത്തമാകും വേദവിദ്യ സംബന്ധിച്ചു അങ്ങനെ പന്ത്രണ്ട് വർഷം ഞാൻ അധ്യയനം ദ്വാദശ വർഷീത്യാചാര്യം ചതുർവിംശതി വർഷ ബ പന്ത്രണ്ട് വർഷം അവിടെ ചിലവാക്കി താമസിച്ചാണ് തുടങ്ങിയത് അതുകൊണ്ടൊരു ഇരുപത്തിനാല് വയസ്സായപ്പോൾ തർവാൻ വേദാൻ ചതുരോപ്യധിക്യ ചതു നാല് വേദങ്ങളെയും അധ്യയനം ചെയ്തിട്ട് തത് അർത്ഥന്റെ അതിന്റെ അർത്ഥവും മനസ്സിലാക്കി എന്നുവെച്ചാൽ മീമാംസ മീമാംസയും മനസ്സിലാക്കി പൂർവമീമാംസ വിചാരം അതും ചെയ്തു മഹാമനാഭീരം മനസ്സുള്ളവനായി എന്നു വെച്ചാൽ വിദ്യയുടെ കൂടി ആസം ആത്മാനം അന്യേ മന്യമാനം മനോയസ് സ്വയം മഹാമനാഹ അങ്ങനെയായിരുന്നു ആത്മാനം അനിയമന്യമാനം മനോയസ് മഹാമന സർവാൻവേദാന മഹാമന അനൂചാനമാനി മഹാമന എന്ന് പറഞ്ഞ മഹദ്ഗംഭീരം മനോയസ് വലിയ മനസ്സോളോ എന്നർത്ഥം ആസം അസമം എന്നാണ് അസമം ആത്മാനം അന്യേഹി മന്യമാനം അസമമായി തന്നെ കണ്ടു അന്യേഹി മറ്റുള്ളവർക്ക് സമനായല്ല തന്നെ സ്വയം അസമം ആത്മാനം അന്യേഹി മന്യമാണ് മറ്റുള്ളവരോട് തന്നെ താരതമ്യം ചെയ്തിട്ട് താൻ അവരെക്കാളെല്ലാം ശ്രേഷ്ഠനാണ് അസമനാണ് എന്ത് സ്വയം കാര്യം മറ്റാരും പറഞ്ഞതല്ല നീ ശ്രേഷ്ഠനാണ് നാല് വേദങ്ങളും അധ്യയനം ചെയ്തു കഴിഞ്ഞപ്പോൾ അവന് തോന്നി താൻ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠനാണ് അത് വേദാധ്യയനം ചെയ്തു കഴിഞ്ഞ അവരും കാരണം വളരെ പരിശ്രമിച്ചാണ് വേദം അധ്യയനം ചെയ്യുന്നത് ആ വേദം അധ്യയനം മുഴുവൻ പൂർണമായും അത് കഴിഞ്ഞാൽ അത് ചൊല്ലുമ്പോൾ മറ്റുള്ളവർ ആദരിക്കും ബഹുമാനിക്കും അപ്പോൾ കരുതുന്നു താൻ മറ്റുള്ളവരെക്കാളെല്ലാം ശ്രേഷ്ഠനാണ് മറ്റുള്ളവരെല്ലാം നീചന്മാരാണെന്ന് തോന്നിപ്പോകും അത് തന്നെയാണ് ഇവിടെ സീതഗേതുവിനും പറ്റിയത് അസമം ആത്മാനം അന്യഹി മന്യമാനം മനോസി സ്വയം ഭാമന ആർക്കും സ്വയം തന്നെ ശ്രേഷ്ഠനെന്ന് കരുതാം പക്ഷെ അത് വെഡിത്തമാണ് ം അനൂചാനമാനി അനൂചാനം ആത്മാനം വന്യന്റെ അനൂചാനമാനി സ്തബ അപ്രണത സ്വഭാവ ഏവായ ഗ്രഹം തലക്കനത്തോടുകൂടി നടത്തും അഹങ്കാരം കൊണ്ടുള്ള തലക്കനം ഇത്രയും വിദ്യ താൻ നേടിയല്ലോ വേദങ്ങളെല്ലാം തൻ്റെ ഉള്ളിലായല്ലോ എന്നുള്ള അസ്തബ്ധാക തലയ്ക്ക് പിടിച്ചെന്ന് പറയുള്ള അഹന്ത ആശീലത്തോടുകൂടി അതുണ്ടാവും അധ്യയനം കൊണ്ട് അങ്ങനെ ഒരു ദോഷമുണ്ടാവും അനൂശാനമാനി സ്തബ് അപ്രണതസ്വഭാവ പ്രണതി വിനയം അതില്ലാതെ ഉള്ളിൽ വിനയമില്ലാതെ ഏയായ ഗ്രഹം തിരിച്ചു വീട്ടിലെത്തിച്ചേർന്നു പഠനത്തിന്റെ ഫലം അതാണ് പിതാവ് ഉപദേശിച്ചു വിട്ടപ്പോൾ മനസ്സിലുണ്ടായിരുന്നെന്താണ് ഇവൻ പോയി വിദ്യയെല്ലാം ഗ്രഹിച്ച് ആത്മബോധത്തോടുകൂടി മടങ്ങി വരുമെന്ന് സംഭവിച്ചതോ അവൻ അക്ഷരത്തെ ഗ്രഹിച്ചു വേദശബ്ദത്തെ ഗ്രഹിച്ചു തിരിച്ചുവന്നു വലിയ ഹാന്തയോടുകൂടി തമേമം ഭൂതം ആത്മനോ അനന് രൂപശീലം സ്തബ്ധം മാന്യം പുത്രം ദൃഷ്ടത്തിന് യോജിച്ചല്ലല്ല വന്നിരിക്കുന്നത് വിദ്യ സ്വീകരിച്ചവന്റെ ലക്ഷണമല്ലല്ലോ വിദ്യ കൊണ്ട് വിനയമാണ് ഉണ്ടാകേണ്ടത് സ്തബ്ധം മാനിനം പുത്രം ദുഷ്ട അഭിമാനിയായ സ്തബ്ധനായ ആ പുത്രനെ കണ്ടിട്ട് പിതാവ് പറഞ്ഞു സദ്ധർമ്മ അവതാര ചികിത്സയ ആ പുത്രന്റെ ഉള്ളിൽ വിവേകത്തെ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തോടി പറഞ്ഞു സേതഗീതു എന്ധം ണൂാനമാനി സ്തബാസി ഇത്രയും വലിയ തലക്കലം കാണിക്കുന്നു ഇത്രയും വലിയ അഹന്ത നീ പ്രദർശിപ്പിക്കുന്നു എന്ത് കിട്ടിയിട്ടാണ് ചോദിക്കുന്നു ഉപാധ്യായനിൽ നിന്നും നിന്നെ പഠിപ്പിച്ച ആചാര്യങ്ങളിൽ ഇത്രയും വലിയ അഹന്ത വരുന്നതിന് വേണ്ടി നീ എന്താണ് നേടിയത് ആദേശം ആദിശ്യത ഉപദേശഗന്യത്യശ്രാക്ഷോ നീ ആചാര്യനോട് ഒരു കാര്യം ചോദിച്ചു എന്താണ് കേവലം ശാസ്ത്രാചാര്യ ഉപദേശഗമ്യം കേവലം ശാസ്ത്രത്തിൽ നിന്നും ആചാര്യനിൽ നിന്നും മാത്രം ഗ്രഹിക്കാൻ കഴിയുന്നുള്ള ഉപദേശം അത് നിനക്ക് നൽകിയോ നീ ആചാര്യനോട് അതിനെക്കുറിച്ച് ചോദിച്ചു ഏനവ ആ പരമ്പ്രഹ്മ ആദിശതേ ആ പരബ്രഹ്മത്തെ നിനക്കറിയാൻ കഴിയുന്നത് ഏതൊരു ആ പരബ്രഹ്മത്തെ നിനക്ക് ഉപദേശിക്കുന്നത് ആദേശം തമ്മ്രാക്ഷ്യപ്രഷ്ഠവാൻ ആചാര്യം ആചാര്യനോട് നീ അത് ചോദിച്ചോ ആചാര്യൻ നിന്നെ ഉപദേശിച്ചോ അതാണല്ലോ മുഖ്യമായത് അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഈ തിലക്കനം മാറും അതറിയാത്തതുകൊണ്ടാണ് വേദത്തെ വേദ ശബ്ദരാശി ശബ്ദസമൂഹത്തെ ഗ്രഹിക്കുകയും താല്പര്യം മനസ്സിലാക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തിലക്കനമുണ്ടാവും വേദം ഗ്രഹിക്കാതെ തന്നെ മനുഷ്യനുള്ളതാണ് തിളക്കം വേദം കൂടെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് കൂടത്തേ ഉള്ളൂ അതിൻ്റെ താല്പര്യം മനസ്സിലാക്കണം അത് നീ അറിഞ്ഞോ നീ ചോദിച്ചോ എന്നാണ് ചോദിക്കുന്നത് എന്താണ് ആദേശം എന്ത് എന്തിന്റെ കാര്യമാണ് പിതാവ് പറയുന്നത് എന്നറിയാതെ പുത്രനവിടെ ആശയക്കുഴക്കത്തിലാണ് ഇത്രയും വലിയ ഭാവം നിനക്ക് വരുന്നതിന് എന്താണ് നിനക്ക് കിട്ടിയത് അവിടെ നീ നാല് വേദമല്ലാതെ മറ്റെന്തെങ്കിലും കിട്ടിയോ അപ്പോ ശിഷ്യനും ആശയക്കുഴപ്പം ഉണ്ടാകുന്നു പെട്ടെന്ന് എന്താ ഇതിനെ കുറിച്ചായി പറയുന്നത് അത് വിശദമാകുന്നു ഏന അശ്വതം ശുതം ഭവതി അമതം മതം അവിജ്ഞാതം വിജ്ഞാതം ആദോ തമാദേശം വിശ്വനഷ്ടി ഉപദേശത്തെ വിശേഷിച്ച് പറയുന്നു ഏതെന്ന് കേട്ടുകഴിഞ്ഞാലാണോ അശ്രുതമപ്പി അന്യസ്രുതംഭവതി കേൾക്കാത്തതും കേട്ടതായിത്തീരുന്നത് ഏതൊരു ഉപദേശം കേട്ടുകഴിഞ്ഞാലാണോ നീ ഇതുവരെ കേൾക്കാത്ത ഉപദേശങ്ങളും കേട്ടതായി ചിരുന്ന് പിന്നീടൊന്നും കേൾക്കാൻ അവശേഷിക്കാതാകുന്നത് എന്നാ എന്തുകൊണ്ട് പരമാർത്ഥ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നും കേൾക്കാനില്ല മനസ്സു തെറ്റായും വ്യാഖ്യാനിക്കുന്നുണ്ട് ഏതൊന്നിനും നീ കേട്ടാലാണോ മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങൾ നിനക്ക് കേൾക്കാൻ കഴിയുന്ന അങ്ങനെയും പറയുന്നു സിദ്ധിയായി ആത്മതത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വ്യവഹിതം അതായത് ദൂരെ ഉള്ളതും മറിഞ്ഞിരിക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും ദേവന്മാരും സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം ഭൂമിക്കടിയിൽ പാതാളവാസികൾ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതമായ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള അബദ്ധ വ്യാഖ്യാനങ്ങളും പലരും ചെയ്തിട്ടുണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഏതൊരു തത്വത്തെ ശ്രവിച്ചാലാണോ തത്വമസി അതാണ് അത് ശ്രവിച്ചു കഴിഞ്ഞാൽ അശ്രുതമതി അശ്രുതമായതെല്ലാം അശ്രുദ്ധമായി തീർന്നു പിന്നീട് ശ്രമിക്കാനായി അവശേഷിക്കുന്നില്ല പരമാത്മ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ഗ്രഹിക്കാനും അത് ശ്രമം ഒടുങ്ങി ആ ശ്രവണത്തിലൂടെ തന്റെ വാസ്തവ സ്വരൂപത്തെ ബോധിച്ചു പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി സംസാരത്തിനൊന്നും മുക്തമായി അജ്ഞാന സംശയ വിഭ്രമങ്ങളെല്ലാം അവസാനിച്ച് ആ ഒരു നിലയിൽ പിന്നീട് എന്തെങ്കിലും വിശേഷിച്ച് ആ തത്വത്തെ കുറിച്ച് കാരണം അശ്രുതമപിശ്രുതം ഭവതി എന്ന് പറയുന്നത് പിന്നീട് ഈ നാനാത്വ ശ്രവണത്തിൽ ഇനി കഴമ്പില്ല അശ്രുതം ശ്രുതം ഭവതി അമതം മതം അതർക്കിതം തർക്കിതം ഭവതി അവിജ്ഞാനം വിജ്ഞാനം അനിശ്ചിതം നിശ്ചിതം ഭവതി ഏതൊന്നിനെ കുറിച്ച് മനനം ചെയ്താലാണോ പിന്നീട് മറ്റു വിഷയങ്ങളെ കുറിച്ച് മനനം ചെയ്യാൻ ചെയ്യേണ്ട ആവശ്യം വരാത്തത് തർക്കിതം മനനം ചെയ്യുക ആത്മതത്വത്തെ മനനം ചെയ്തു കഴിഞ്ഞാൽ എന്റെ വിഷയ തത്വങ്ങളെ മനനം ചെയ്യേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് വിഷയത്തിന്റെ തത്വം ആത്മാവാണെന്ന് മനസ്സിലാകുന്നു ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ മനനം ചെയ്യുന്ന എന്താണ് അതിന്റെ രഹസ്യത്തെ മനസ്സിലാക്കുക അതിന്റെ പരമാർത്ഥം എന്തെന്ന് മനസ്സിലാക്കും ആത്മതത്വത്തെ മനനം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പരമപരമാർത്ഥം ആത്മാവാണെന്ന് മനസ്സിലാവുന്നു പിന്നീട് വിഷയത്തെക്കുറിച്ച് ചർച്ചയുണ്ട് ആവശ്യമില്ല എന്തുകൊണ്ട് വിഷയത്തിന്റെ തത്വവും ആത്മാവുമല്ല വിഷയത്തിൽ നിന്നും മറ്റൊന്നും സാധാരണ മനുഷ്യൻ വിഷയത്തിൽ നിന്ന് പഠിക്കുന്നു വിഷയത്തിൽ നിന്ന് പഠിക്കാൻ നാല് പലതുകൊണ്ട് എന്താണ് നാനാത്വത്തെ പഠിക്കുന്നത് അതാണ് സാധാരണ മരണത്തിന്റെ പ്രയോജനം ശബ്ദത്തിൽ നിന്ന് എന്താ ശ്രമിക്കുന്നത് നാനാത്വത്തെ ശ്രമിക്കുന്നു ഇവിടെ അതല്ല ശബ്ദത്തിൽ നിന്ന് ഏകത്വമാണ് ശ്രമിക്കുന്ന എങ്കിൽ സർവശബ്ദങ്ങളും ആ ഒരു ഏകത്വത്തെ ബോധിപ്പിക്കുന്നു പിന്നെ വിശേഷത്തിൽ നിന്ന് മലനവും ആ ഏകത്വത്തെയാണ് ബോധിപ്പിക്കുന്നതെങ്കിൽ പിന്നെ മറ്റൊന്നിനു വേണ്ടിയും മലനം ചെയ്യേണ്ട ആവശ്യം കാരണം മലനം ഒന്നിനെ ബോധിപ്പിക്കുന്നു എന്നാൽ ഏകത്വം അതുപോലെ അവിജ്ഞാതം വിജ്ഞാതാനിശ്ചിതം നിശ്ചിതം ബോധി പറയുന്നു ഏതൊന്നിനെ നിശ്ചയിച്ചാലാണോ അനിശ്ചിതമായത് സർവവും നിശ്ചിതമായി തീരുന്നത് ആത്മനിശ്ചയത്തിൽ എന്താണ് വിദ്യൻ്റെ ഹൃദയൻ്റെ ചിത്യൻ്റെ സർവസംശയാഹ ആത്മവിഷയവുമായിട്ടുള്ള സർവസംശയങ്ങളും ഇല്ലാതാകുന്നു അയാൾ മായ വിനർമുക്തനായി തീരുന്നു ആ സ്ഥിതിയിൽ പിന്നെന്താ പ്രത്യേകിച്ച് നിശ്ചയിക്കാൻ ഈ വ്യാപാരങ്ങളെല്ലാം ആത്മാവിനെ സംബന്ധിച്ച് നിഷ്പ്രയോജനമുണ്ട് ആത്മതത്വത്തെ നിശ്ചയിച്ചിട്ട് പിന്നെ വീണ്ടും ആത്മതത്വത്തെ നിശ്ചയിക്കുക അതിന്റെ ആവശ്യമുണ്ട് ആത്മതത്വത്തെ ശ്രവിച്ചിട്ട് വീണ്ടും അത് തന്നെ ശ്രമിക്കുക അതിന്റെ ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ ശ്രമിച്ചിട്ടില്ല എന്നർത്ഥം അതിന്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ നിശ്ചയിച്ചിട്ടില്ല ശ്രവിച്ചിട്ടില്ല എന്നർത്ഥം മറിച്ചാണെങ്കിലോ ആ വ്യാപാരങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ പിന്നീട് മറ്റൊരു നിശ്ചയത്തിന്റെ ആവശ്യമുള്ള എന്താണോ പ്രപഞ്ചത്തിന്റെ സാരം ആത്മാവാണെന്ന് നിശ്ചയം വന്നു കഴിഞ്ഞു പിന്നെന്താ വിടാ നിശ്ചയിക്കുക അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് ശ്രുതേനശ്രിതം അഭി അനിശ്ചൃതം ഭതം അതർക്കിതം തർക്കിതം ഭോതി അഭിജ്ഞാതം വിജ്ഞാതം അനിശ്ചിതം നിശ്ചിതം ഭോതി